ുക്രമൃതമു <muchyate> ോകാ ശ്രിതാത്യേകി കൈ തണ ഏജതി നിസൃതം മഹദ്യം വജ്രമുതം വിദുരമൃതസ്തത്തെ ഭയാദ്നിസ്ഥതി ഭപതി സൂര്യ ഭ്രശ്ചാശ്ചാവതി പച്ച ശഗദ്ധംസു ലോകേഷ തൃലോക യസു പരീവദൃശി തന്ധർവോകലോക പൃഥക്ഭാവം ഉദയാസ്തമയോത് പൃഥക് ഉത്പാദ്യമാന ധീരോ ഇ പരം മനോഹ്യത്തു പരപുരുഷോ ിംഗം സൃശ്യമുഷാ പശ്യതി കൈന സനീഷാ മനസാഭിക് ൃ പച്ചാവതിഷന്തി ബുദ്ധിശ്ചേരി യോഗമതി മന്യന്തി ിരാധാരണമതി യോഗോ ഹി പ്രഭവാചാസാ ശു ചുഷാ അസ്തി ബ്രുവതോന്ത്ര േ പ്രമുച്യ ൃദ്ശ്രി അധ മൃോ അത്രേ പ്രഭി ഹൃദയേഹ ഗ്രന്ഥയ അധ മതിോ മൃദോ ധ്യനുശാസനം ശതം ഏകാജൃദയ താസാം മൂർധാനമിന്സൃതൈകൃതീ വിശം അനുക്മണേ അംഗുഷ്ടപുരുഷോന്ദ്രവേശേണു ശുക്രം അമൃത മൃത്യ പ്രോക്തേലബ്ധ്യേ യോഗ വിധി ബ്രഹ്മ പ്രാ വിരജോഭൂമൃ അന്യോപ്യംയോ വിദ്യാത്മമേവ ഒരു ചോദ്യം ഒരു ജീവൻ അനുഭവിക്കുന്ന പ്രപഞ്ചം ആ ജീവന്റെ മാത്രം പൂർവ സംസ്കാരത്തിന്റെ വിജംഭണമാണോ അതോ വൃഷ്ടി സംസ്കാരത്തിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളും അനുഭവത്തിനും വിഷയമാകുന്നുള്ളോ ഈ വിഷയത്തിൽ അദ്വൈത ദർശനത്തിന്റെ മുഖ്യമായ വീക്ഷണം എന്താണ് ഇത് നമ്മള് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അദ്വൈതകളുടെ മുഖ്യമായ അഭിപ്രായം എന്താണ് മുഖ്യമായ അഭിപ്രായം സൃഷ്ടി ജീവന്റെ തന്നെ സൃഷ്ടിയാണ് പ്രപഞ്ചം എന്നാണ് ജീവൻ തന്നെ സൃഷ്ടിക്കുന്നതാണ് പ്രപഞ്ചം അതിവിടെ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം ആ ജീവന്റെ പൂർവ്വ സംസ്കാരത്തിന്റെ ഫലമാണോ എന്നുള്ളതാണ് അപ്പൊ ജീവന്റെ പൂർവ്വ സംസ്കാരത്തിന്റെ ഫലം എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് മുഖ്യമായ അദ്വൈത സിദ്ധാന്തമല്ല അദ്വൈതത്തിന്റെ മുഖ്യ സിദ്ധാന്തമനുസരിച്ച് സംസ്കാരവും അതിന് കാരണമല്ല നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മുഖ്യ സിദ്ധാന്തമനുസരിച്ചിട്ട് ജീവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന കാരണം അവന്റെ സംസ്കാരവുമല്ല ഈ സംസ്കാരമാണ് അതുകൊണ്ട് ജീവൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതും അദ്വൈതം തന്നെ ഈശ്വര സിഷ്ടമായ പ്രപഞ്ചത്തെ ജീവൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നതും അദ്വൈതം തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തം മുഖ്യമായ സിദ്ധാന്തം അതായത് വേദാന്തത്തിന് ഈ ഒരു മുഖ്യമായ സിദ്ധാന്തം ുണമായ സിദ്ധാന്തം എന്നുള്ള പറഞ്ഞാൽ ഈ സിദ്ധാന്തങ്ങളെ വേറിതിരിക്കുന്നത് ആ സിദ്ധാന്തങ്ങളുടെ മേന്മകളനുസരിച്ചല്ല സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതിന് അദ്വൈതത്തിന്റെ ഭാഷയിൽ പ്രക്രിയ എന്ന് പറയുന്നു വിചാര രീതി വിചാര രീതികളുടെ മേന്മയനുസരിച്ചല്ല പറയുന്നു മറിച്ച് അധികാരിഭേദമനുസരിച്ചാണ് ഈ പ്രക്രിയകളിൽ വ്യത്യാസം വരുന്നു നമ്മുടെ ഒരു മികച്ച പ്രക്രിയ അങ്ങനെയൊന്നുമില്ല പക്ഷെ അധികാരികളിൽ വ്യത്യാസമുണ്ട് ഉത്തമാധികാരി ഉണ്ട് ആ ഉത്തമന്മാരിൽ തന്നെ ഭേദങ്ങളുണ്ട് മധ്യമാധികാരികഷ്ഠാധികാരികോ എന്നിങ്ങനെ പറയും അതിന് ഉത്തമാധികാരി എന്ന് വളരെ ം അന്ധകരണത്തിന് പരിഭാഗം വന്നിട്ടുള്ള അധികാരികൾ അവരെ സംബന്ധിച്ച് പറയുന്നതാണ് അവർക്ക് വേണ്ടി പറയുന്ന അവർക്ക് മാത്രം മനസ്സിലാകുന്ന ആ പ്രക്രിയ വിചാര രീതിയാണ് നമ്മളിവിടെ ഉത്തമമായ മുഖ്യമായ എന്ന് പറയുന്നത് ആ ഏറ്റവും മുഖ്യമായ സിദ്ധാന്തമനുസരിച്ച് ഈ പ്രപഞ്ചം ജീവന്റെ സൃഷ്ടി തന്നെ ആ സൃഷ്ടിക്ക് പൂർവ്വ സംസ്കാരമോ ഒന്ന് കാരണമായി പറയാൻ പറ്റത്തില്ല പിന്നെ എന്താ കാരണം പറയുന്നത് അതിന് പറയാനൊരു വാക്യേ ഉള്ളൂ മായ ഇവിടെ അതിന്ദ്രജാലത്തെ പോലെ സൃഷ്ടി അനുഭവിക്കുന്നു ജീവൻ അതിൽ കാര്യകാരണ ബന്ധമില്ല പൂർവാപുര ബന്ധമില്ല സ്വപ്നം പോലെ സ്വപ്നത്തിൽ അനുഭവപ്പെടുന്ന വിഷയങ്ങൾക്ക് സംഭവങ്ങൾക്ക് പരസ്പര കാര്യകാരണ ബന്ധമൊന്നും കൽപ്പിക്കാനില്ല ഉണ്ടെന്നതോന്നും അവന് നിശ്ചയിക്കാൻ കഴിയുന്നില്ല അതുപോലെ ഈ ജീവന്റെ മനോസൃഷ്ടമായ ഈ പ്രപഞ്ചാനുഭവത്തിൽ പൂർവാപരഭാവം കാര്യകാരണഭാവം ഇതെല്ലാം കൽപ്പനകൾ മാത്രം അതൊന്നും യാതൊരു വാസ്തവികത്വമില്ല ഒരു നിയമവുമില്ല ഇന്ദ്രജാലം പോലെ ഇതിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു സംസ്കാരം കാരണമെന്ന് പറയണമെങ്കിൽ പൂർവ്വ ജന്മം വേണം അനുഭവങ്ങൾ ഉണ്ടാകണം അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാകണം ആ സംസ്കാരത്തിൽ നിന്ന് പിന്നെ അടുത്ത ജന്മം ഉണ്ടാകണം മുഖ്യമായ ശൈലിയിൽ ഇതൊന്നുമില്ല എന്തിന് അനേക ജീവന്മാർ പോലും ഇല്ല ഏകനായ ജീവൻ ആ ജീവന്റെ കൽപ്പനാണ് സർവവും അതായത് ഇവിടെ മുഖ്യമായ വീക്ഷണം എന്തെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഏകജീവൻ ആ ജീവന്റെ കൽപ്പനയാണത് അവിടെ കാര്യകാരണഭാവങ്ങൾ പൂർവാപര ഭാവങ്ങളൊന്നുമില്ല ഒരു ക്ഷണത്തിൽ സർവവും ഇങ്ങനെ ഇന്ദ്രജാലം പോലെ അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷണം ആ ക്ഷണം മാത്രമേ ഉള്ളൂ കാലത്ത് പൂർവ്വ വർത്തമാന ഭാവങ്ങളൊന്നുമില്ല അതാണ് മുഖ്യമായ സിദ്ധാന്തം എന്ന് പറയുന്നു അജാതവാദം എന്നും പറയും മണ്ഡൂക്യകാരികയിലും മറ്റും വിശദീകരിക്കുന്ന അജാതവാദം സൃഷ്ടി സ്ഥിതി ലയങ്ങളെ അവിടെ അംഗീകരിക്കുന്നില്ല അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല സൃഷ്ടി സ്ഥിതി ലയങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഉത്പത്തിയില്ല വസ്തുക്കൾ ഉണ്ടെങ്കിൽ സ്ഥിതിയുള്ളൂ അതുകൊണ്ടും നാശമില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് കുറച്ച് അതായത് ആണല്ലോ പറഞ്ഞത് ഉത്തമന്മാരായ അധികാരികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നു അതാണ് അതിന്റെ ശ്രേഷ്ഠം ഴിഞ്ഞ് അതിനെ തന്നെ കുറച്ചുകൂടി ലഘുവാക്കി പറയുന്നതാണ് അനേക ജീവന്മാരുണ്ട് അനേക അജ്ഞാനങ്ങളുണ്ട് ഓരോ ജീവനും പൂർവവാസന അനുസരിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു അപ്പൊ ജീവന്റെ സംസ്കാരമാണ് ആ ജീവന്റെ സംസ്കാരം മറ്റ് ജീവന്മാരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ അനേക ജീവന്മാരുടെ സംസ്കാരങ്ങൾക്ക് ഒരു പരസ്പര ബന്ധമുണ്ട് അതുകൊണ്ട് ഈ ജീവന്മാരുടെ ഈ ജീവ സൃഷ്ടി ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പോകുന്നു അത് മറ്റൊരു കാഴ്ചപ്പാട് അവിടെ അനേക ജീവന്മാരെ സ്വീകരിക്കുന്നു ഇനി വേറൊരു കാഴ്ചപ്പാടനുസരിച്ച് പ്രപഞ്ചം ജീവസൃഷ്ടിയല്ല ഈശ്വര സൃഷ്ടമാണ് ഈശ്വര സൃഷ്ടമായ ആ പ്രപഞ്ചത്തെ ജീവൻ കാണുന്നു അനുഭവിക്കുന്നു അതിൽ ജീവൻ ആ ജീവൻറേതായ സംഭാവനകളും അധികം കൂട്ടിച്ചേർക്കും എന്ന് പറയുന്നു ഇതും അധുയുതത്തിന്റെ ഒരു വിചാര രീതിയാണ് ഇങ്ങനെ പലതരത്തിലുള്ള പ്രക്രിയകൾ അദ്വൈതികൾക്ക് സമ്മതമാണ് അതുകൊണ്ട് ജീവന്റെ മാത്രം സൃഷ്ടിയാണ് എന്നുള്ളത് അദ്വൈത സിദ്ധാന്തം തന്നെ അടുത്ത് വേറൊരു ചോദ്യമാണ് അഷ്ടാംഗ യോഗ അനുഷ്ഠാനത്തിലൂടെ ജ്ഞാനം സ്വാഭാവികമായി തന്നെ വിചാരത്തിന്റെ അപേക്ഷയില്ലാതെ പ്രകാശിക്കാമോ അഷ്ടാംഗ യോഗത്തിലും ശ്രവണം മനനം നിധ്യാസനം മൂന്നും ഉണ്ട് വിചാരത്തിന്റെ അപേക്ഷയില്ലാതെ എന്നുള്ളതല്ല വിചാരം അവിടെ ആവശ്യമായി പറയുന്നുണ്ട് അദ്വൈതവും അഷ്ടാംഗയോഗികളും തമ്മിൽ പറയുന്ന വ്യത്യാസം അഷ്ടാംഗയോഗി പറയുന്നത് ഈ ശ്രവണമലന നിധ്യാസനങ്ങളിലൂടെ വിവേക ഖ്യാതി ഉണ്ടാകുന്ന ഒന്നാണ് അതിന് ശ്രവണമല നിധ്യാസനങ്ങൾ കാരണമായി യോഗത്തിൽ സ്വീകരിക്കുന്നുണ്ട് വേദാന്തി പറയുന്ന എന്താണോ ഞാനോണ്ടാകുന്നത് മുഖ്യകാരണമായിരിക്കുന്നത് ഉപനിഷത് വാക്യമാണ് മഹാവാക്യങ്ങളുടെ ശ്രവണം ആ മഹാവാക്യങ്ങൾ തന്നെയാണ് അതിന് സാക്ഷാത്കാരണമായിരിക്കുന്നത് അതിൽ നിന്ന് ഞാനുണ്ടാകുന്നതെന്നാണ് അദ്വൈതിയുടെ പക്ഷം അതേസമയം യോഗി പറയുന്ന അതല്ല ഈ അഷ്ടാംഗ യോഗ പരിശീലനത്തിലൂടെ ശ്രവണവും മനനവും ഒക്കെ അതിന് സഹായകമാണ് ഈ പരിശീലനത്തിലൂടെ വിവേക ഖ്യാതി ഉണ്ടാകുന്നതാണ് യോഗി പറയുന്നു മുഖ്യകാരണമായിട്ട് ഉപനിഷത് വാക്യങ്ങൾ അവർ സ്വീകരിക്കുന്നില്ല ജ്ഞാനത്തിനും വ്യത്യാസം ജ്ഞാനത്തെ സംബന്ധിച്ച യോഗി പറയുന്നത് പ്രകൃതി പുരുഷ വിവേകം വിവേക ഖ്യാതി എന്ന് പറയുന്നു അതാണ് യോഗി പറയുന്ന ജ്ഞാൻ അത്വീത് പറയുന്നത് എന്താണ് ജീവാത്മ പരമാത്മ ഏകത്വജ്ഞാൻ ജീവനും പരനും ഒന്ന് തന്നെയെന്നുള്ള ഞാൻ ഇത്തരത്തിലൊക്കെയുള്ള സൂക്ഷ്മമായ വ്യത്യാസങ്ങളാണ് ഇത് രണ്ടും തമ്മിലുള്ളത് അങ്ങനെയാണെങ്കിൽ യോഗ ദർശനം അദ്വൈത ദർശനത്തെ അംഗീകരിക്കാത്തത് എന്താണ് പല കാരണങ്ങളുണ്ട് യോഗ ദർശനവും യോഗ ദർശനം അദ്വൈതമാണ് അദ്വൈത ദർശനം പേരുകൊണ്ട് തന്നെ അറിയാം അദ്വൈതമാണ് ജീവാത്മ പരമാത്മ യോഗത്വത്തെ അദ്വൈതത്തിൽ പറയുന്നു യോഗത്തിൽ അത് പറയുന്നില്ല അദ്വൈതിയുടെ പ്രപഞ്ചമിഥ്യാത്വവാദം അതിന് യോഗി അംഗീകരിക്കുന്നില്ല ഒരു കാരണവശാ യോഗശാസ്ത്രം സാഖ്യ സിദ്ധാന്തത്തെയാണ് പിന്തുടരുന്നത് കപിലന്റെ സാഖ്യ മതമാണ് യോഗികളുടെ തത്വശാസ്ത്രം അവിടെ പ്രകൃതിയും പുരുഷനും സത്യമാണ് പുരുഷന്റെ സംയോഗം അതാണ് സംസാരം ബന്ധൻ അതിൽ നിന്നുള്ള വിയോഗം അതാണ് മോക്ഷം ഇവിടെ സംസാരം എന്ന് പറയുന്നത് കൽപ്പന മാത്രം അതിന് യാതൊരു സത്യത്വവും ഇല്ല വെറൊരു കൽപ്പന മാത്രം അധ്വാനിക്കുക ഇത്തരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് യോഗികൾ ആത്മാക്കളെ അനന്ത ആത്മാക്കളെ സ്വീകരിക്കുന്നു അദ്വൈതത്തിൽ ആത്മാവ് ഏകം അങ്ങനെ ഇതിലെല്ലാം വ്യത്യാസങ്ങളുണ്ട് ചോദിക്കുന്ന പരമമായ അനുഭവത്തിലെത്തിയ ആചാര്യന്മാർ വിഭിന്നവും വിരുദ്ധവുമായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ അത് ഇതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ് വൈരുദ്ധ്യം വിരോധം ഇതെല്ലാം നമ്മുടെ മനസ്സിലാണ് ആചാര്യന്മാരുടെ മനസ്സിനല്ല നമ്മളിലാണ് വിരോധാഭാസങ്ങളെല്ലാം ഉള്ളത് ഇത് ശ്രോതാക്കൾ ദാർശനികകാരന്മാര് അധികാരി ഭേദമനുസരിച്ച് ഇതെല്ലാം ആവശ്യമാണ് യോഗവും അദ്വൈതവും ദ്വൈതവും വിശിഷ്ടാദ്വൈതവും സർവവും ആവശ്യമാണ് കാരണം ജീവൻ വിഭിന്ന വാസനകളോടുകൂടിയിരിക്കുന്നു അപ്പം അവരവരുടെ വാസനക്കനുസരിച്ച് ഉള്ളതേ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും ചിലർക്ക് യോഗം വേണം ചിലർക്ക് അദ്വൈതം വേണം ചിലർക്ക് എല്ലാത്തിനെയും സൗമായി ഉൾക്കൊള്ളാൻ പറ്റും ഇങ്ങനെ ജീവന്റെ വാസന വൈവിധ്യമനുസരിച്ച് ആചാര്യന്മാർ കപിലനും കണാദനും പതഞ്ജലിയും വ്യാസനും ദേമിനിയും എത്രയോ ആചാര്യന്മാർ ഇവരെല്ലാം വിഭിന്ന ദർശനങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളിന് അതിന് നിഷ്ഠയുണ്ടാവും നിഷ്ഠയുണ്ടാകുന്നതിന് വേണ്ടി അതിനെ ദൃഢപ്പെടുത്താൻ വേണ്ടി അതിന് വിപരീതമായി വരുന്ന ദർശനങ്ങളെ അവർ ഖണ്ണിക്കും അത് ഒന്നിൽ നിഷ്ഠയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കള ഒന്നുമില്ലാതെ വരരുത് ഏതെങ്കിലും ഒന്നിനോട് താല്പര്യം കുറച്ചു കാലാവധി പ്രവർത്തിക്കും പിന്നെ അതെല്ലാം മറ്റൊന്നും തോന്നുന്നു ഇങ്ങനെ മനസ്സ് മാറി മാറി പോകാതിരിക്കാൻ വേണ്ടി ഒന്നിൽ ദൃഢത വരുത്താൻ വേണ്ടി മറ്റൊന്നിന് അതും വേറെന്തിനാ നിഷേധിക്കാൻ വേണ്ടി നിഷേധിക്കുകയല്ല ഏറ്റവും വലിയ ഖണ്ഡനം നടത്തിയ ആളാണ് ശങ്കരാചാര്യൻ ശങ്കരാചാര്യന് ബ്രഹ്മസൂത്രത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് ഈ അദ്വൈതികളുടെ ഖണ്ഡന അദ്വൈത മാർഗ്ഗത്തിലാണ് ഒരാൾ സഞ്ചരിക്കുന്നതെങ്കിൽ അയാൾക്ക് അതിനുള്ള വാസന ഉണ്ടെങ്കിൽ ഒരാൾ അതിലേക്ക് പ്രവർത്തിക്കും വാസന കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളിനും മനസ്സിൽ വീഴ്പങ്ങളുണ്ടാകാം ഇത് ശരിയാണോ എന്ന് സംശയം വരാം അപ്പൊ മറ്റു മാർഗങ്ങളിലേക്ക് പോകും അങ്ങനെ പോയാൽ ശരിയാകത്തില്ല ഏതെങ്കിലും ഒന്നിൽ നിൽക്കണം മനസ് അപ്പൊ മറ്റുള്ളതിനെയൊക്കെ ഖണ്ഡിക്കും ഇതാണ് എന്ന് സമർത്ഥിക്കും ഇതാർക്കും ചെയ്യുന്ന സ്വാതന്ത്ര്യമുണ്ട് അതാണ് എല്ലാ ദാർശനികന്മാരും ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല ഇപ്പൊ ഭഗവത്ഗീത തന്നെ എടുത്തുകഴിഞ്ഞാൽ എന്തെല്ലാം സാധനമാർഗങ്ങളെ എന്തെല്ലാം തത്വങ്ങളെ അതിൽ ഉപദേശിക്കുന്നു ഉപദേശിക്കുന്നവരുടെ മനസ്സിൽ വൈരുദ്ധ്യമുള്ളതുകൊണ്ടല്ല കേൾക്കുന്നവരുടെ മനസ്സിൽ വൈരുദ്ധ്യമുണ്ട് അധികാരി ഭേദം കൊണ്ട് ഉപദേശഭേദം വരും അത്രേയുള്ളൂ ഇതെല്ലാം ആവശ്യമാണ് ഇതിനെല്ലാം പറ്റിയ അനന്തജീവന്മാരുമുണ്ട് ഇതൊന്നുമില്ലാത്തവരുമുണ്ട് ആസ്തികന്മാരും ഉള്ളതുപോലെ തന്നെ നാസ്തികന്മാരുണ്ട് നാസ്തികന്മാർക്ക് വേണ്ടിയുള്ള ദർശനവുമുണ്ട് ചാർവാഹക ദർശനം പോലെയുള്ള ഇതിനെല്ലാം നിഷേധിക്കുന്നതാണ് ചിലർക്ക് അതാണ് പറ്റിയത് ഇതെല്ലാം സമമായി കാണുന്ന ഒരു ആചാര്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല പക്ഷേ തന്റെ ശിഷ്യന് നിഷ്ഠയുണ്ടാക്കുന്നതിന് വേണ്ടി മറ്റേതിനെയൊക്കെ നിഷേധിച്ചെന്ന് പോയി അത് ശിഷ്യന്റെ നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റേതെങ്കിലും ഒരു ദർശനത്തിനോടുള്ള വിരോധം കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടിവിടെ എന്താണ് ഈ അനുഭവത്തിലുള്ള ആചാര്യന്മാർക്ക് അങ്ങനെ വിരുദ്ധമായ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ താല്പര്യം അതുകൊണ്ട് അതിന് വിരോധമൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതാണ് അതുപോലെ ഇല്ല എന്ന ചോദ്യം ഉറച്ചു വായിക്കരുതെന്നാണ് എന്താണ് ഉറച്ചു വായിക്കുന്നില്ല പക്ഷെ ഉത്തരം പറയുമ്പോ ചോദ്യം അറി കൂടി വരും അതിന് ഞാൻ ഉത്തരവാദിയല്ല നമ്മുടെ ഈ ചർച്ച ുവരുന്ന ചർച്ച ഈ ശ്രോതാവിനെ ഒരു വലിയ കൺഫ്യൂഷനിൽ എത്തിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹത്തിന്റെ ചോദ്യം എൻ്റെ ചോദ്യമാണ് അതായത് ഈ സ്വാതന്ത്ര്യം ബാഹ്യ സ്വാതന്ത്ര്യം വേണ്ട എന്നാണ് ഒരു സാധകന്റെ ജീവിതത്തിൽ ബാഹ്യമായ സ്വാതന്ത്ര്യം അത് വേണ്ട എന്നാണ് ഇത് ചോദ്യം വരാതെ എങ്ങനെ ഉത്തരം പറയും ചോദ്യം അറിയാതെ ഞാൻ പറഞ്ഞു പോകുന്നെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദി അല്ല മനഃപൂർവ്വം പറയുകയല്ല അപ്പം ബാഹ്യമായ സ്വാതന്ത്ര്യം അപ്പം ബാഹ്യമായ സ്വാതന്ത്ര്യം എന്നുള്ളതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ആശ്രമത്തിൽ അന്തേവാസികൾക്ക് വച്ചിരിക്കുന്ന നിയന്ത്രണങ്ങളാണോ അസ്വാതന്ത്ര്യം അതാണെനിക്ക് ഉദ്ദേശിക്കുന്നത് അതേ സ്വന്തം ജീവിതത്തിൽ അതായത് നിരങ്കുശമായ ഒരു ജീവിതം അതാണ് സ്വാതന്ത്ര്യം എന്നുള്ളതുകൊണ്ട് വിവക്ഷിക്കുന്നത് സമൂഹത്തിൽ സമൂഹ സാമൂഹ്യ നിയമങ്ങളുണ്ട് സദാചാര നിയമങ്ങളുണ്ട് വ്യക്തി സ്വയം പാലിക്കേണ്ട നിയമങ്ങളുണ്ട് ഇതെല്ലാം സ്വാതന്ത്ര്യത്തിന് തടസ്സമാണെന്നാണ് കരുതുന്നതെങ്കിൽ അത് ആരോഗ്യത്തെ കേടാക്കുന്ന ഒരു ചിന്താഗതിയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നിയന്ത്രണങ്ങളോടുകൂടിയേ ഉള്ളൂ എല്ലാ സ്വാതന്ത്ര്യമുണ്ട് സമൂഹത്തിൻ്റെ നിയമങ്ങൾ വ്യക്തിപരമായി നമ്മൾ കൽപ്പിക്കുന്ന നിയമങ്ങൾ ചുറ്റുപാടുകളിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ ഇതെല്ലാം വരും ഈ പരിമിതികളിൽ നിന്നുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യമേ ഒരാൾക്ക് സാധ്യമാകും അസ്വാതന്ത്ര്യം അതായത് ഒരു സാധകനാണെങ്കിൽ അയാളുടെ സാധനയുടെ പുരോഗതിക്ക് തടസ്സമായി വരുന്ന ബന്ധനങ്ങൾ പാടില്ല അയാളുടെ സാധനയെ സഹായിക്കുന്ന സ്വാതന്ത്ര്യങ്ങൾ അത് വേണ്ടതാണ് അത് എത്ര എവിടെ എങ്ങനെ എന്നെല്ലാം തീരുമാനിക്കേണ്ടത് അത് വ്യക്തി നിഷ്ഠമായി ചുറ്റുപാടുകൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് എന്താണ് സർവതന്ത്ര സ്വതന്ത്രത എന്ന് പറയുന്നത് അത് മാനസികമായ ഒരവസ്ഥയാണ് ബാഹ്യമായ സ്വാതന്ത്ര്യമല്ല മുക്തന്മാരുടെ മാനസികാവസ്ഥയാണ് സർവതന്ത്ര സ്വാതന്ത്ര്യം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം ബാഹ്യമായ യാതൊരു തരത്തിലുള്ള നിയമങ്ങളോ നിയന്ത്രണങ്ങളോ ഇല്ലായെന്നില്ല അപ്പം മനുഷ്യ ശരീരത്തോടുകൂടി ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായും ബാഹ്യ പരിമിതികൾ വരും ബാഹ്യമായ അസ്വാതന്ത്ര്യങ്ങൾ വരും അതൊഴിവാക്കാൻ ആർക്ക് സാധ്യമല്ല ശരീരമായിരിക്കുന്ന ഒരാൾക്ക് സാധ്യമേ അല്ല ശരീരത്തോടു കൂടി ഇരിക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല ശരീരം തന്നെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയാണ് അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട് അപ്പോൾ ആ ശരീരം സൃഷ്ടിക്കുന്ന ഒരസ്വാതന്ത്ര്യം അത് ശരീരത്തോടുകൂടിയിരിക്കുന്ന ഒരാൾക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ സാധ്യമല്ല വലിയ യോഗാഭ്യാസങ്ങളിലൂടെ അണിമാതി ഐശ്വര്യങ്ങളെല്ലാം നേടിയാൽ പോലും ശരീരമുണ്ടോ അതിൻ്റേതായ ഒരു പരിമിതി വരും അതുകൊണ്ടാണ് ശരീരത്തോടുകൂടിയ ഒരു പൂർണ്ണത അത് അസാധ്യമാണെന്ന് ശാസങ്ങളിലും മറ്റും പറയുന്നത് കാരണം ശരീരം എന്ന് പറയുന്ന പരിച്ഛിന്നമാണ് അപ്പം ആ ശരീരത്തോടുകൂടിയ ഒരു പൂർണ്ണത അത് പരസ്പര വിരുദ്ധമായ കാര്യമാണ് അപ്പൊ ബാഹ്യമായ അസ്വാതന്ത്ര്യം ഏത് തലം വരെ പോയാലും ഉണ്ടായിരിക്കും അവിടെ വിശപ്പ് ദാഹം ശ്വസനം വ്യാപാരം തുടങ്ങിയ ശാരീരിക ധർമ്മങ്ങൾ ഈ ശരീരത്തിൽ നിന്നിടത്തോളം കാലം അതിൻ്റെതായ അസ്വാതന്ത്ര്യങ്ങൾ വരും സർവ തന്ത്ര സ്വതന്ത്രനായ മുക്ത പുരുഷന് അതിൻ്റെതായ അപൂർണതകളും വരും അത് ഒഴിവാക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടത് അവരെ കുറിച്ചല്ല നമ്മളെ കുറിച്ചാണ് സാധനാ സഞ്ചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് ഏതുവരെ ആകാം അതിനുവേണ്ടിട്ടാണ് നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് യോഗത്തെ തന്നെ യമ നിയമം എന്നെല്ലാം പറയുന്നു നമ്മുടെ നിയമം എന്ന് പറയുന്നുണ്ടത് ഈ നിയമം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണോ ബന്ധനമാണോ അത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വീകരിക്കുന്ന ഒരു ബന്ധനമാണ് അപ്പം അത്തരം ബന്ധനങ്ങൾ കൂടി തീരും ഇല്ലെങ്കിൽ സാധനാ മാർഗ്ഗത്തിൽ ഒരാൾക്ക് പുരോഗമിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സാധനാ മാർഗ്ഗത്തിൽ പുരോഗമിക്കുന്നതിനും നമുക്കവിടെ നിയമങ്ങൾ പാലിക്കേണ്ടി വരും ആ നിയമങ്ങൾ ഒരാൾ ബന്ധനമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ബന്ധനം തന്നെ പക്ഷെ അത് കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പൊ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയും അതൊരുതരത്തിലുള്ള ബന്ധനമാണ് ഇന്ദ്രിയങ്ങളെ സ്വേച്ഛയാ പ്രവർത്തിക്കാൻ ഇല്ലെന്നില്ല അത് അസ്വാതന്ത്ര്യമാണ് അത്തരം അസ്വാതന്ത്ര്യങ്ങൾ നമ്മൾ സഹിച്ചേ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അപ്പൊ ആധ്യാത്മികമായ കാഴ്ചപ്പാടിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇതാണ് ഒരാൾ സാധനയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്ന ജീവിത നിയന്ത്രണങ്ങൾ സദാചാര ഇതെല്ലാം ഇതിനെല്ലാം ഒരസ്വാതന്ത്ര്യമായി ഒരാൾ കാണുന്നെങ്കിൽ ആ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചേ പറ്റും അല്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല അതുകൊണ്ട് സാധകന് നിയന്ത്രണങ്ങൾ നിയമങ്ങൾ ആവശ്യമാണെന്നാണ് ആചാര്യന്മാര് ശാസ്ത്രങ്ങളും എല്ലാം പറയുന്നത് പിന്നെ ഗാർഹസ്ഥ്യം അതൊരു ബന്ധനമാണോ അത് പറഞ്ഞത് അതെല്ലാം തീരുമാനിക്കേണ്ടത് ആ ജീവന്റെ യോഗ്യത അനുസരിച്ചാണ് ഗാർഹസ്ഥ്യം ബന്ധനമാണെന്ന് കരുതുന്നവർ അതുപേക്ഷിച്ച് സന്യാസമാർഗത്തിൽ പോകുന്നു അതിനുള്ള പക്വത യോഗ്യത എല്ലാം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ അതിനുപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോകാം പക്വത ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ സന്യാസവും ബന്ധനമായി തന്നെ തീരും സന്യാസം ഒരു ബന്ധനമാണ് സന്യാസം ഒരുവനെ മറ്റു പലതിനും ബന്ധിക്കും അതിനുള്ള യോഗ്യതയില്ലാതെ സന്യാസത്തിനേക്ക് അടക്കുകയാണെങ്കിൽ ഗൃഹത്ത് ഉപേക്ഷിക്കുന്ന എന്തിനാണ് അത് ഗൃഹം ബന്ധനമെന്ന് തോന്നുമ്പോഴാണ് ഒന്നിനും ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചിട്ടും ഉപേക്ഷിക്കുന്നു രണ്ടു ആകാം അത് ബന്ധനമെന്ന് തോന്നുമ്പോഴാണ് അതിനപ്പുറം മറ്റു പലതുകൊണ്ട് മോക്ഷിച്ചായ ഒരാൾ അതൊക്കെ ഉപേക്ഷിക്കും പക്ഷെ അത് ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് വന്നു അതുകൊണ്ടയാൾ മുക്തനായി ഇന്നും സന്യാസത്തിലേക്ക് ഒരാൾ വരികയാണെങ്കിൽ സന്യാസം ദുഃഖകരമായി തീരും കൂടുതൽ ബന്ധനം അത് സൃഷ്ടിക്കും ഗൃഹസ്ഥനക്കാൾ വലിയ പ്രപഞ്ചം സന്യാസത്തിൽ വരും വീണ്ടും അത് അസ്വാതന്ത്ര്യമായിത്തീരും അതെല്ലാം വ്യക്തിയുടെ യോഗ്യത അനുസരിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കണമോ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാതെ ഒരാൾ സന്യാസത്തിലേക്ക് കടക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മപരിശോധന നടത്തി ആത്മവിശകലനം നടത്തി വ്യക്തിയാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ത്യാഗം എന്താണ് സ്വാതന്ത്ര്യം എന്നല്ല അതിന് കഴിവില്ല എങ്കിൽ അതിന് സ്വയം അത് തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ലെങ്കിൽ ഗുരുവിനോട് ചോദിക്കുക ഗുരു നിർദ്ദേശിക്കുന്ന അക്ഷരം പ്രതി അനുസരിക്കുക ഗുരു പറയുന്ന നിസന്യാസത്തിന് യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നോക്കാതിരിക്കുക ആ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങളിൽ അന്തിമമായിട്ട് ഗുരുവിന്റെ ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കുക അതാണ് ഒരാൾക്ക് ചെയ്യാവുന്നതും പിന്നെ ജീവൻ മുക്തന്മാരുടെ സ്വാതന്ത്ര്യം അവരുടെ നില ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു സാധകൻ കൂടുതൽ ചിന്തിച്ച് ആശയക്കുഴപ്പത്തിലാകേണ്ട കാര്യമില്ല കാരണം ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല അതുകൊണ്ട് മനുഷ്യ ശ്രവണം ഒരിക്കലും നമ്മൾ ഒരു കൺഫ്യൂഷനിലും എത്തിക്കുന്നില്ല നമ്മൾ അദ്വൈത ശ്രവിക്കുമ്പോൾ അല്ലെങ്കിൽ തത്ത് വിചാരം ചെയ്യുമ്പോൾ കേൾക്കാത്തതുകൂടി കേൾക്കുക വിചാരം ചെയ്യാത്ത പറയാത്തുകൂടി കേൾക്കുക വിചാരം ചെയ്യാത്തതോടി പിന്നെ ചെയ്യുക ഇങ്ങനെ വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത് ശരി കേൾക്കുമ്പോൾ ഇത് കേട്ടോണ്ടെങ്കിൽ പറയുന്നത് മാത്രമാണ് കേൾക്കുന്നത് പറയാത്തോടി കേൾക്കും കൺഫ്യൂഷൻ വരും അങ്ങനെ വരാൻ പാടില്ല ഉപനിഷത്ത് പറയുന്നതേ കേൾക്കാവൂ ഉപനിഷത്ത് പറയാത്തോടി കേട്ടുകഴിഞ്ഞു അത് വരാതെ ശ്രദ്ധിച്ചാൽ അടുത്ത യോഗമാർഗം അഭ്യസിക്കുവാനുള്ള അധികാരത്വത്തെ കുറിച്ച് വ്യാസമഹർഷിയുടെയും പതഞ്ജലി മഹർഷിയുടെയും നിർദ്ദേശങ്ങൾ ചുരുക്കി വിശദീകരിക്കാമോ എന്നാണ് അത് പറഞ്ഞല്ലോ യോഗ പരിശീലിക്കുന്നതിന് പറയുന്നത് മനസ്സിന്റെ പാകത അതാണ് മുഖ്യം എല്ലാത്തിനും ഇത് യോഗത്തിന് മാത്രമല്ല ഏതിനും പറയുന്നുണ്ടോ അധികാരിയോഗ്യത പക്ഷെ യോഗത്തിനത് പ്രത്യേകിച്ച് പറയുന്നത് യോഗത്തിൽ മാനസികമായ അഭ്യാസം വളരെ കൂടുതലാണ് അഷ്ടാംഗ യോഗത്തിൽ മാനസിക അഭ്യാസം വളരെ ഉണ്ട് അപ്പൊ അതിന് മനസ്സ് പരിപക്വം അല്ല എന്നുണ്ടെങ്കിൽ അതൊന്നും അനുഷ്ഠിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ട് നിരുദ്ധവും ഏകാഗ്രവുമായ മനസ്സിൽ മാത്രമേ യോഗം സംഭവിക്കത്തുള്ളൂ ഇത് പതഞ്ജലിയുടെയും വ്യാസന്റെയും അഭിപ്രായമാണ് മോക്ഷ ഉപയോഗിയായിട്ടുള്ള യോഗം അതും പറയുന്നുണ്ട് മുക്തിയിലെത്തിക്കുന്ന യോഗം അത് നിരുദ്ധവും ഏകാഗ്രവുമായ മനസ്സിലേക്ക് സംഭവിക്കും ജീവന്റെ മനസ് വിക്ഷിപ്തമായിരിക്കും അല്ലെങ്കിൽ മൂഢമായിരിക്കും ഈ രണ്ടു തരത്തിലും നിക്കുന്ന മനസ്സിന് യോഗ പരിശീലനം സാധ്യമാണ് അവർക്ക് ആത്മീയ ജീവിതം അസ അസാധ്യമാണെന്ന് പറയുന്നില്ല സാധനമാർഗങ്ങളൊന്നും അവർക്ക് പറ്റത്തില്ലെന്നല്ല പറയുന്നത് യോഗം എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിശീലന അത് സാധ്യമല്ലെന്നാ പറയുന്നത് അല്ല ആത്മീയത ആർക്കും നിഷേധിക്കുകയല്ല അവർക്ക് മറ്റേതെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കും കാരണം യോഗത്തിൽ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് അന്ധക്കരണം നിരോധം പ്രത്യയം സംസ്കാരം ഇങ്ങനെയുള്ള മൂന്നവസ്ഥയിലായിരിക്കും എന്റെ ഓർമ്മ നമ്മൾ മുമ്പും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ് പ്രത്യയം എന്നു പറയുന്നത് സാധാരണയുള്ള അവസ്ഥ മനസ്സിലിങ്ങനെ പല വിചാരതരംഗങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക അതാണ് പ്രത്യയം അനന്തക്കരണത്തിൻ്റെ ഒരവസ്ഥയാണ് ഈ അവസ്ഥ വിക്ഷിപ്തമായ മനസ്സിലും അങ്ങനെയായിരുന്നു പ്രത്യം പ്രത്യയങ്ങൾ അന്തക്കരണ വൃത്തികൾ അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലെ തരംഗങ്ങൾ അതിനോട് നിയമിക്കുക അതിങ്ങനെ ഉയർന്നു പോങ്ങിക്കൊണ്ടേയിരിക്കും പ്രത്യേക അവസ്ഥ ഇതാണ് സാധാരണ മനസ്സിലുള്ളത് അതിനെ നിരോധിക്കുന്ന യോഗി നിരോധിക്കുമ്പോ അവിടെ നിരോധ സംസ്കാരം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മനസ് വരും അപ്പൊ പ്രത്യങ്ങളെ നിരോധിച്ച് നിരോധ സംസ്കാരം ദടപ്പെട്ട് ദിടപ്പെട്ട് വരുമ്പോൾ മനസ്സ് സാമ്യാവസ്ഥയിലെത്തുന്നു മനസ്സ് അങ്ങനെ സാമ്യാവസ്ഥയിലെത്തുന്നതിനെയാണ് യോഗത്തിൽ പ്രതിപ്രസവം എന്ന് പറയുന്നത് ത്രിഗുണാവസ്ഥ ത്രികുണത്തിന്റെ സാമ്യാവസ്ഥയിലെത്തിച്ചേരുന്നു അതിനെ സഹായിക്കുന്നതാണ് വിവേകഖ്യാതി അതിനുവേണ്ടി ചെയ്യുന്ന സാധനങ്ങളാണ് ശ്രവണമല്ല നിധ്യാസനങ്ങളെല്ലാം യോഗത്തിനും അഷ്ടാംഗ സാധനങ്ങളെല്ലാം അതിനുവേണ്ടിയിട്ടാണ് അപ്പം ആ സംസ്കാരം നിരുദ്ധമായ മനസ്സിലേ ഉണ്ടാകത്തുള്ളൂ കുക്ഷിക്തമായ അതായത് എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന മനസ്സാണ് വേറെ തരത്തിലും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ മനസ്സ് എപ്പോഴും മനോരഥങ്ങൾ സഞ്ചരിക്കുന്ന മനസ്സുണ്ട് എപ്പോഴും ഭാവനകളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ അങ്ങനെയുള്ള മനസ്സ് ആണ് വിക്ഷിപ്ത മനസ്സെന്ന് പറയുന്നത് ഓരോ നിമിഷം പോലും അതിന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റത്തില്ല ആ മനസ്സിന് നിരോധ സംസ്കാരം കുറവായിരിക്കും ഏകാഗ്രത ഉണ്ടാകത്തില്ല അവർക്കത് പറ്റത്തില്ല എന്ന് പറയുന്നു യോഗ പറ്റത്തില്ല നിരോധിക്കാൻ പറ്റത്തില്ല നിരോധിക്കണമെങ്കിൽ മനസ്സിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഉറപ്പിക്കണം അതും സ്വേച്ഛയായി ഉറപ്പിക്കണം സ്വേച്ഛയായി ഉറപ്പിക്കുമ്പോൾ മറ്റുള്ള വൃത്തികളെല്ലാം നിരോധിക്കപ്പെടും നിരോധ സംസ്കാരം ഓടും പ്രത്യയങ്ങൾ കുറഞ്ഞു വരും മനസ്സിന്റെ പ്രത്യയം എന്ന് പറയുന്ന അവസ്ഥ അത് യോഗശാസ്ത്രത്തിന്റെ സാങ്കേതിക പദഞ്ഞിട്ടവിടെ നിരോധ സംസ്കാരം വർദ്ധിച്ചു വരും അങ്ങനെ വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് മനസ്സ് സാമ്യാവസ്ഥയിലേക്ക് പോകും ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥയിലേക്ക് പോകും പ്രകൃതിയിലേക്ക് പോകും മടങ്ങിപ്പോകും അവിടെ വിവേകഖ്യാതി ഉണ്ടാകുന്നു വിവേകഖ്യാതി എന്ന് പറയുന്നത് ജ്ഞാനമാണ് പ്രകൃതി പുരുഷ വിവേകജ്ഞാനം അതുണ്ടാകുന്നു അവിടെ പരമമായ വൈരാഗ്യം വേണം ഏറ്റവും മുഖ്യമായ ഘടകം വൈരാഗ്യമാണ് യോഗത്തിൽ വിക്ഷിപ്തമായ മനസ്സിൽ മൂഢമായ മനസ്സിലൊന്നും പരമവൈരാഗ്യം ഉണ്ടാകത്തില്ല ആ പരമവൈരാഗ്യം കൊണ്ടാണ് വിവേകഖ്യാതി നശിക്കുന്നത് വിവേകഖ്യാതിയിലുസീത യോഗസൂത്രങ്ങളിൽ പറയും ആ വിവേകഖ്യാതിയിലും വിരക്തനാണ് പരമവൈരാഗ്യം കൊണ്ട് അവിടെയാണ് പൂർണ്ണമായ സാമ്യാവസ്ഥ പ്രകൃതിക്ക് സംഭവിക്കുന്നത് പുരുഷനോടുള്ള സംയോഗം പ്രകൃതിക്ക് അവസാനിക്കുന്നത് അവിടെയാണ് അവിവേക ഖ്യാതിയും ലയിച്ചു പോകും പുരുഷൻ മുക്തനായിത്തീരുന്നു അതാണ് യോഗത്തിന്റെ പ്രക്രിയ അതുകൊണ്ട് ആണ് ആ യോഗ്യതയെക്കുറിച്ച് പ്രധാനമായും ഇത്തരം അഭ്യാസങ്ങൾ ഏകാഗ്ര മനസ്സില് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവന് അധികാരിത്വത്തെക്കുറിച്ച് വ്യാസനും പതഞ്ജലിയും എല്ലാം ഇങ്ങനെ ഉദ്ദേശിക്കുന്നു ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അഷ്ടാംഗ യോഗത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന യോഗ്യതയൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ശീലി പൊതുവെ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന വികലാംഗ യോഗത്തിന് ഇതിന്റെയൊന്നും ആവശ്യമില്ല ആസനങ്ങളൊക്കെ ശീലിച്ചാൽ മതി അതിന് ഇതിന്റെ ആവശ്യമില്ല ആസനങ്ങൾ പരിശീലിക്കുന്നത് അതൊന്നും പാടില്ല എന്നല്ല പറയുന്നത് അത് അഷ്ടാംഗ യോഗത്തിന്റെ ഒരു ഭാഗം മാത്രം അതൊക്കെ ആർക്കും പരിശീലിക്കുക കുറച്ച് സമയം കണ്ണടച്ചിരിക്കുക അത് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട ആർക്കും ചെയ്യുക പക്ഷെ ഇവിടെ പറയുന്ന അഷ്ടാംഗയോഗത്തിന്റെ കാര്യമാണ് അതിന്റെ ഒരു ഭാഗം മാത്രമേ ആവുന്നുള്ളൂ ആസനം അതിൽ മുഖ്യമായി വരുന്ന ധാരണ ധ്യാന സമാധി ഇത്രയും ഏകത്ര സമയമാണ് പതിനഞ്ചന് പറയുന്നത് അവിടെയാണ് വിഷയം അവിടെ വരുമ്പോഴാണ് ഈ പറയുന്ന യോഗ്യതയുടെ ഒക്കെ ആവശ്യം വരുന്നത് അതെല്ലാവർക്കും സാധ്യമല്ല അതുകൊണ്ടായിരിക്കും അതിന് പ്രചാരം കിട്ടാത്ത അതും ശ്രദ്ധിക്കണം സാധാരണ നമ്മൾ യോഗ പഠിക്കാറുണ്ട് പഠിപ്പിക്കാറുണ്ട് അപ്പൊ അതൊക്കെ അസംബന്ധമാണോ അസംബന്ധമാണോ എന്നല്ല പറയുന്നു യോഗാസനങ്ങൾ പഠിക്കുന്നതോ പരിശീലിക്കുന്നതെന്നോ അസംബന്ധമൊന്നുമില്ല കാരണം അതിൻ്റെ ആർക്കും ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ശരീരം പഴക്കമുള്ള ആർക്കും ചെയ്യാം പക്ഷെ അത് യോഗമല്ല ഇത് ശരിയായിട്ടുള്ള യോഗമല്ല നമ്മൾ പറയുന്ന രാജയോഗമല്ല ആ യോഗത്തിൽ പ്രധാനമായി വരുന്ന ധാരണാധ്യാന സമാധി അഭ്യാസങ്ങളാണ് അതിന് യോഗ്യത കൂടിയേക്കും അപ്പത് നമുക്ക് സാർവത്രികമായി പ്രചരിപ്പിക്കാനും പറ്റത്തില്ല കാരണം അതിന് യോഗ്യത ഉള്ളവരെ കിട്ടാൻ പ്രയാസമാണ് അതിന് സ്വാഭാവികമായും പ്രചരിപ്പിക്കാൻ പറ്റിയത് ആസനങ്ങളും പ്രാണായാമവും മറ്റുമാണ് യോഗ അംഗങ്ങളിൽ ചിലത് അപ്പത് സാർവത്രികമായി പ്രചരിപ്പിക്കാം അതിന് എല്ലാവരും അധികാരികളാണ് അതുകൊണ്ടായിരിക്കും അതിന് ഈ പ്രചാരം വരുന്നത് പക്ഷെ അത് ആണ് പൂർണ്ണ യോഗം യോഗം അതെല്ലാം ഒതുങ്ങുന്നു അവസാനിക്കുന്നു എന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നതിന് താൽപ്പര്യമുണ്ട് അത് നമുക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പതഞ്ജലിയും വ്യാസനുമെല്ലാം പറഞ്ഞ് ആ യോഗത്തിന്റെ ദർശനം അതുകൂടി മനസ്സിലാക്കണം ആ യോഗത്തിന് വളരെ മഹത്തായ ഒരു അദ്വൈത ദർശനം പോലെ തന്നെ വളരെ ദൃഢമായ വ്യക്തമായ ഒരു തത്വശാസ്ത്രം ആ യോഗത്തിലുണ്ട് അഭ്യാസങ്ങൾ മാത്രമല്ല അതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ യോഗത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതിന്റെ പരിശീലനം ആത്യന്തികമായിട്ട് വേസൻ പറയുന്ന എന്താണ് യോഗേന യോഗോ ജ്ഞാതവ്യ യോഗത്തിലൂടെ തന്നെ യോഗത്തെ അറിയണം യോഗത്തെ അറിയാൻ മറ്റേതെങ്കിലും മാർഗത്തെ സ്വീകരിക്കരുത് ർത്ഥം അതാണ് യോഗത്തിന്റെ രഹസ്യം യോഗത്തെ അറിയണമെങ്കിൽ അത് യോഗത്തിലൂടെ തന്നെ അറിയുക എന്നുവെച്ചാൽ യോഗത്തെ മനസ്സിലാക്കുക എന്നുള്ളതല്ല അതിന് അധികാരികൾ വെള്ളം ആയതുകൊണ്ടായിരിക്കാം അത് ആ സമഗ്ര യോഗത്തിന്റെ പ്രചരണവും അതിന്റെ പ്രചാരമൊന്നും ഇന്നില്ല അത്തരം പരമ്പരകൾ തന്നെ വേരറ്റ് പോയിരിക്കുകയാണ് അത്തരം യോഗ പരിശീലിപ്പിക്കുന്നു അതിന്ന് ആസനപ്രാണായാമങ്ങളിൽ ഒതുങ്ങിപ്പോയി യോഗമെന്ന് പറയുന്നു ധാരണാധ്യാന സമാധികൾ ഇല്ലാതായിപ്പോയി യോഗത്ത് പറയുന്ന സമ്പ്രജ്ഞാതം അസംപ്രജ്ഞാതം സബീജം നിർബീജം ഇതെല്ലാം ചെറിയ ചെറിയ പാഠങ്ങളായിട്ടങ്ങ് തീർന്നിരിക്കുകയാണ് കാരണം അധികാരി ദൌർലഭ്യം കൊണ്ട് പ്രചാരം കൂടാതെ ആകാം അതുകൊണ്ട് നമ്മൾ യോഗ ദർശനം തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതാണ് നല്ലത് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും നമ്മളീ പഠിക്കുന്ന ഉപനിഷത്ത് ഇതാണ് യോഗയിൽ ഏറ്റവും പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്ന ഉപനിഷത്ത് യോഗസൂത്രങ്ങളുടെ ഭാഷത്തിൽ വ്യാഖ്യാനങ്ങൾ വൃത്തികൾ ടീഗ ടിപ്പണി ഇതിലെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്നത് കഠോപനിഷത്താണ് എല്ലാവരും ഇതിൽ പറയുന്ന മിക്കവാറും എല്ലാ വാക്യങ്ങളും യോഗത്തിനെ പ്രമാണീകരിക്കുന്നതാണ് യോഗത്തിന് യോഗികൾ ഇതിനെയാണ് പ്രമാണമായി സ്വീകരിച്ചിരിക്കുന്നത് നമ്മൾ അതിനുള്ള ചർച്ച ചെയ്ത് കൂടുതലും അദ്വൈതപരമായിട്ടാണ് യോഗപരമായിട്ടല്ല ഇവിടെ പറഞ്ഞ സ്ഥിരം ഇന്ദ്രിയ ധാരണ യോഗോഹി പ്രഭവ തുടങ്ങിയ വാക്യങ്ങളെല്ലാം യോഗപരമായി വളരെ ഗൗരവമായ വ്യാഖ്യാനം ർഹിക്കുന്നവയാണ് ആചാര്യസ്വാമികളും ആ യോഗത്തിന് പ്രാധാന്യം കൊടുത്തല്ല വ്യാഖ്യാനിച്ചിരിക്കുന്നത് അദ്വൈതത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് അത് യോഗത്തിൽ താല്പര്യമുള്ളവർക്ക് അതിനെ ആ രീതിയിൽ മനസ്സിലാക്കാം അദ്വൈതി യോഗത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് യോഗത്തിൽ പറയുന്ന യമനിയമാദികൾ സാധന ചതുഷ്ടയ സമ്പത്തി പോലെ അദ്വീതത്തിനും പറയുള്ളൂ അധികാരി സാധന ചതുഷ്ഠയ സമ്പന്നനായിരിക്കും അപ്പൊ ആ സാധന ചതുഷ്ഠയെ സംബന്ധിച്ച് ആ സമ്പന്നത അതിന് നിയമനിയമാധിക സഹായിക്കുന്നു അത്രമാത്രം അതിന് സ്വീകരിക്കുന്നുണ്ട് ശങ്കരാചാര്യ ബ്രഹ്മസൂത്രം രണ്ടാം അധ്യായത്തിൽ യോഗപ്രത്യുക്തി അധികരണത്തിന് ഈ വിഷയം ചർച്ച ചെയ്യും എന്ന യോഗത്തെ ഞങ്ങൾ സ്വീകാര്യമാണ് ഈ പറയും നിയമനിയമാധികളെല്ലാം ആർക്കും ആവശ്യമാണ് അതിന് യോഗം വന്നോ അദ്വൈതം വന്നോ എന്നുള്ള വ്യത്യാസമൊന്നും എല്ലാവർക്കും വേണ്ടതാണ് ആ തരത്തിൽ സ്വീകാര്യമാണ് പക്ഷെ മുഖ്യമായ സിദ്ധാന്തത്തിലേക്ക് വരുമ്പോൾ അദ്വിധിക്ക് അത് സ്വീകരിക്കാൻ പറ്റിയിട്ട് അവിടെയാണ് പറയുന്നത് പ്രപഞ്ച മിഥ്യാത്വം അതിന് പകരം യോഗി പ്രപഞ്ച സത്യത്വം എന്ന് പറയുമ്പോൾ അദ്വിധി അതിനോട് വിവഹിക്കത്തില്ല അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചാൽ യോഗത്തിന്റെ പ്രക്രിയ തന്നെയാണ് വേദാന്തത്തിന് സ്വീകരിച്ചിരിക്കുന്നത് യോഗത്തിനും പറയുന്നുണ്ട് അവസാന ഒരു ജ്ഞാനം യോഗത്തിൽ പറയുന്ന പലതരത്തിലുള്ള ധ്യാനങ്ങൾ അതിങ്ങനെ സ്വീ സ്വീകരിച്ച് വരുമ്പോൾ മനസ്സിന് രാജസ താമസഭാവങ്ങൾ അന്ധക്കരണത്തിൽ കുറഞ്ഞുവരും അപ്പം ജ്ഞാനം അവിടെ പ്രകടമായി വരും ക്രമേണ ക്രമേണ ജ്ഞാനം വർദ്ധിച്ച് വർദ്ധിച്ചു വരും എന്തിനെയാണോ ധ്യാനിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഞാനും അപ്പം അസ്മിത ധ്യാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഞാൻ എന്നുള്ള ഈ അനുഭവം ഇതിനെ ധ്യാനിക്കാൻ പറയുന്നുണ്ട് യോഗ ഗ്രഹീതൃാനം ഈ ധ്യാനം ശീലിച്ചു വരുന്ന ആളിന് ഇത് കൂടുതൽ കൂടുതൽ പ്രവാശിച്ച് പ്രവാശിച്ചു വരും അധ്യായ വിഷയം കൂടുതൽ പ്രകാശ് പ്രകാശിച്ചു അങ്ങനെ അഭ്യാസം കൂടി ഇത് പ്രകാശിച്ചു വരുമ്പോൾ ഒടുവിൽ പ്രകൃതി പുരുഷ വിവേക ജ്ഞാനം എന്നൊന്ന് പ്രത്യേകിച്ചുണ്ടാകുന്ന ഒന്നാണ് ഈ സംസ്കാര ബലം കൊണ്ട് ശീലിക്കുന്ന ധ്യാനമെല്ലാം മറ്റൊന്ന് പുതുതായി ഒന്നുണ്ടാവും ഇതാണ് യോഗികൾ പറയുന്നത് സംസ്കാര ബലം കൊണ്ടുണ്ടാവുന്നതാണ് ധ്യാനത്തിന്റെ ബലം കൊണ്ട് വിവേകഖ്യാതി എന്ന് പറയുന്ന ഒന്നുണ്ടാവും ഇതിന് സമാനമായി തന്നെയാണ് അദ്വീതത്തിനും പറയുന്നത് മാക്കെ ശ്രവണം ചെയ്ത് മനനീധ്യാസനങ്ങൾ കൊണ്ട് അപരോക്ഷ സാക്ഷാത്കാരം ഉണ്ടാവും രണ്ടുകൂട്ടരും പറയുന്നത് ഒരു പുതിയ ജ്ഞാനത്തെക്കുറിച്ചാണ് നമ്മൾ ശീലിക്കുന്ന ഭാവനയെക്കുറിച്ചല്ല പുതിയൊരു ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു ഇങ്ങനെ സമാനതകൾ ധാരാളമുണ്ട് ഈ രണ്ടും ദർശനങ്ങളുണ്ട് അദ്വൈതിയും പറയുന്ന ഈ ജ്ഞാനം നശിക്കും എന്നാണ് ഉണ്ടാകുന്നതെല്ലാം നശിക്കും അഹം ബ്രഹ്മാസ്മി എന്നൊരു ജ്ഞാനം ഉണ്ടായാൽ അതും നശിക്കും അതെങ്ങനെ നശിക്കുന്നു അദ്വൈതി പറയുന്നത് ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കും അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഞാൻ ശരീരമാണ് എന്നും മറ്റുള്ള ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു യോഗി പറയുന്നത് അതെ വിവേകഖ്യാതി താൻ ശരീരമാണ് എന്നു മറ്റുമുള്ള ജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് തന്നെയാണ് യോഗത്തിനും പറയുന്നു അജ്ഞാനത്തെ നശിപ്പിക്കുന്നതാണ് അദ്വൈതി പറയുന്നത് എന്താണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനം ഉണ്ടാകുമ്പോൾ അജ്ഞാനം നശിക്കുന്നു ആ അജ്ഞാനനാശം കൊണ്ട് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ജ്ഞാനവും നശിക്കുന്നു ആത്മാവശേഷിക്കുന്നു യോഗി പറയുന്നത് എന്താണ് ഒരജ്ഞാനനാശം അത് അല്ല പറയുന്നത് വിവേക ഖ്യാതി പരവൈരാഗ്യം മശീകാരവൈരാഗ്യം കൊണ്ട് ആ വിവേക ഖ്യാതി വിനയിച്ചു പോകുന്നു തിരുകണം കൊണ്ട് സാമ്യാവസ്ഥ ജീവന്റെ അവിവേകം നശിക്കുന്നു പക്ഷെ അത് അദ്വൈത പറയുന്നത് പോലുള്ള ജ്ഞാനനാശമാണ് പ്രകൃതി അവിടെ ശേഷിക്കുന്നുണ്ട് പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള സംയോഗമേ നശിക്കുന്നു ജീവനിലുണ്ടായിരുന്ന അവിവേകമേ നശിക്കുന്നുള്ളൂ അല്ലാതെ പ്രകൃതി അവിടെ നശിക്കുന്നില്ല ആ പ്രകൃതി മറ്റ് ജീവന്മാരെ ബന്ധിക്കുന്നതിന് വേണ്ടി വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു മുക്തനെ ബന്ധിക്കുന്നില്ല ഇത്തരത്തിലാണ് ഇതിന്റെ ദാർശനികമായി വരുന്ന കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ അങ്ങനെ പല വ്യത്യാസങ്ങളും ഈ ഇത് തമ്മിൽ പറയുന്നുണ്ട് എന്തായാലും ജീവന്റെ മുക്തി അത് എല്ലാവരും ഈ സാധന മാർഗങ്ങളെ അംഗീകരിക്കുന്നുണ്ട് അത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിലാണ് വേറെ വിശദീകരണങ്ങളുള്ളത് നമ്മളിവിടെ പതിനഞ്ചാമത്തെ മന്ത്രം ആണ് ഇന്നലെ ചർച്ച ചെയ്ത് തുടങ്ങിയത് എത്രയാണ് പന്ത്രണ്ട് ശരിയാണ് പന്ത്രണ്ട് നൈവ വാച മനസ്സാതം ശക്യു ചുഷ അസ്തി ബ്രുവതോന്യത്ര കഥം തദുലഭ്യത നൈവാചാ ചുഷ നീരപീന്ദ്രിയാതും ശക്തത്തെ ആത്മാവിനെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിന് ഉൾക്കൊള്ളാൻ ഇവയ്ക്കൊന്നും ശേഷിയില്ല എന്നാണ് തഥാപി അത്യന്തം അജ്ഞേയമാണെങ്കിൽ അതിന്റെ അസ്തിത്വത്തെ എങ്ങനെ പ്രമാണീകരിക്കാൻ പറ്റും സർവവിശേഷരഹിതവും അതിന് വിശേഷങ്ങളൊന്നുമില്ല വിശേഷങ്ങളോട് കൂടി അതിന് വിശിഷ്ടമെന്ന് പറയും വിശിഷ്ടമായ ഒന്നിനെ നമുക്ക് റിയാൻ പറ്റും നിർവിശേഷം അല്ലെങ്കിൽ നിർഗുണം എന്ന് പറയുന്ന ഒന്നിനെ എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഗുണഗ്രാഹികളാണ് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുന്നതാണത് ഗുണഗ്രാഹികളാണ് ഗുണത്തോടു കൂടിയിരിക്കുന്ന ഒരു വസ്തുവിനെ അതിന് ഗ്രഹിക്കാൻ പറ്റും ഗുണിയെ ഗ്രഹിക്കാൻ പറ്റും ബ്രഹ്മ നിർഗുണമാണ് ഗുണഗ്രാഹികളായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ നിർഗുണമായ ഒന്നിന് അതാണ് സർവവിശേഷരഹിതോതി സർവവിശേഷരഹിതമായിരിക്കുന്ന ആ പരമാത്മാവിനെ എങ്ങനെ സാക്ഷാത്കരിക്കും ജഗതോ മൂലം നിത്യവഗതത്വ ജഗത് കാരണം നിർഗുണമാണെന്നാണ് പറയുന്നിരിക്കുന്നത് പക്ഷെ എന്നാലും അങ്ങനെ ഒന്നുണ്ട് അസ്ഥിയേവാ ജഗത്തിന് കാരണമായി സർവവിശേഷരഹിതമായ ഒന്നും ഉണ്ട് എന്തുകൊണ്ട് അങ്ങനെ ഒന്നിനെ സ്വീകരിക്കണം സർവവിശേഷരഹിതമായ നിർഗുണമായ ഒരു വസ്തുവിനെ ജഗത്തിന് കാരണമായി എന്തുകൊണ്ട് സ്വീകരിക്കണം അതിന് യുക്തിയാണെടുത്ത് പറയുന്നത് കാര്യത്രവിലാപനസ്യ അസ്തിത്വനിഷ്ഠത്വ കാര്യത്തിന്റെ വിലയം കാരണത്തിലേക്ക് സംഭവിക്കത്തോ ലോകത്തിൽ അങ്ങനെയാണ് കാണുന്നത് യുക്തിയും ബുദ്ധിയും എല്ലാം നമ്മൾ പ്രയോഗിക്കുന്നത് നമ്മളുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെയാണ് നമ്മളത് പ്രയോഗിക്കുന്നത് നമ്മളെ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് കാര്യങ്ങളെല്ലാം കാരണത്തിൽ വിളയിക്കുന്നു നമ്മുടെ മനസ്സിലൊരു നിയമം ഉണ്ടാക്കുന്നു ആ നിയമത്തെയാണ് നമ്മൾ യുക്തി എന്ന് വിളിക്കുന്നത് സാർവത്രികമായ നിയമമാണ് കാര്യം കാരണത്തിലെ അതിനെ നശിക്കാൻ പറ്റുന്നുള്ളൂ കലം ഉടഞ്ഞുകഴിഞ്ഞാൽ മണ്ണ് കലം മണ്ണിലേക്ക് പോയി മറ്റു ഒരു സ്ഥലത്തേക്ക് അതിന് പോകാൻ നിവൃത്തിയില്ല ആഭരണങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ സ്വർണം അല്ലെങ്കിൽ അതുണ്ടാക്കിയ ലോഹം അങ്ങനെ അതിന് നിൽക്കാൻ പറ്റുന്നുള്ളൂ സർവ്വത്ര കാണുന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം കാരണത്തിലേക്ക് ലയിക്കുന്നു അല്ലെങ്കിൽ നശിക്കുന്നു എന്ന് മനസ്സിലാക്കും കാരണം എന്താണ് അന്വേഷിച്ചാലും മനസ്സിലാകുമോ ആ കാരണം അസ്തിത്വം തന്നെ എല്ലാ കാരണങ്ങളും എല്ലാ കാര്യങ്ങളും ആശ്രയിച്ചിരിക്കുന്നത് ഈ അസ്തിത്വത്തെയാണ് ഉണ്മയാണ് അസ്തിത്വനിഷ്ഠത്വ തഥാഹി ഇതം കാര്യം സൂക്ഷ്മ താരതമ്യ പാരമ്പര്യ അനുഗമ്യമാനം സത്ബുദ്ധി നിഷ്ഠാം അവഗമയതി പ്രപഞ്ചഘടകങ്ങളിൽ ഏതിനെക്കുറിച്ച് ചിന്തിച്ചാലും ശരി ആ ചിന്ത സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പിന്നിലേക്ക് പിന്നിലേക്ക് ചെല്ലുമ്പോൾ ആ ചിന്ത അവസാനം ചെന്നെത്തി നിൽക്കുന്നത് സദ്ബുദ്ധിയിലാണ് സത് എന്നുള്ള ഒരു അനുഭവത്തിലാണ് ഉണ്മ എന്നുള്ള ഒരു അനുഭവത്തിൽ ചെന്നിരിക്കുന്നത് സദ്ബുദ്ധി നിഷ്ഠാം ഏവ അപഗമിയിൽ ആ സദ്ബുദ്ധി നിഷ്ഠയെ ബോധിപ്പിക്കുന്നു ചിന്ത സത്തിൽ അവസാനിക്കുന്നു നാശവും മനുഷ്യന്റെ ബുദ്ധിക്ക് പ്രപഞ്ചത്തെ കുറിച്ച് കൽപ്പിക്കാമെന്നുള്ള രണ്ട് ഭാവമാണ് ഒന്ന് സത്ത് മറ്റൊന്ന് അസത്ത് ഉണ്ടെന്നും ഇല്ലെന്നും ഈ രണ്ടറിവാണ് പ്രപഞ്ചത്തെ സംബന്ധിച്ചിരിക്കുന്നത് ഉണ്ടെന്നും ഇല്ലെന്നുള്ള രണ്ടറിവിനെ ആശ്രയിച്ചാണ് പ്രപഞ്ച ബോധം നിലനിൽക്കുന്നത് ഉണ്ടെന്നുള്ള അറിവ് നമുക്ക് സമ്മതിക്കാം അത് അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധമാണ് പക്ഷെ ഇല്ല എന്നുള്ള അറിവ് അതും ഉണ്ടല്ലോ അപ്പം അവിടെ എവിടെയാണ് അസ്തിത്വം എന്ന് ചോദിക്കും ഇല്ല എന്നുള്ള അറിവും ഉണ്മയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് ഇല്ലായ്മ അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഇല്ലായ്മ എന്ന പറയുകയാണ് അപ്പൊ ഇല്ലായ്മ ഇവിടെ നിൽക്കുന്നു ഉണ്മയിൽ അല്ലെങ്കിൽ നമുക്ക് ഇല്ലായ്മയെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ ശൂന്യതവാദി പറയുകയാണ് പ്രപഞ്ചത്തിന് കാരണം ശൂന്യമാണെന്ന് പറയുന്നു അയാളോട് ചോദിക്കുന്നു അങ്ങനെ ശൂന്യം ഉണ്ട് ഉണ്ടെങ്കിൽ ആ ശൂന്യം അസ്തിത്വത്തെ ആശ്രയിച്ചു കാരണം ശൂന്യതയുടെ അസ്തിത്വത്തെ അയാൾ അവിടെയും അസ്തിത്വത്തിൽ ചെന്നെത്തും അതാണ് സൂക്ഷ്മ താരതമ്യ പാരമ്പര്യ ക്രമമായി അനുഗമ്യമാനം അനുഗമിച്ചാൽ പിന്തുടർന്നാൽ ബുദ്ധി കൊണ്ട് പ്രപഞ്ചഘടകങ്ങളെ വിശകലനം ചെയ്ത് പിന്നിലേക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ സദ്ബുദ്ധി നിഷ്ഠാം സദ്ബുദ്ധി നിഷ്ഠയാണെന്ന് ബോധിപ്പിക്കുന്നത് മഹാശൂന്യം എന്ന് പറയുന്ന ബൗദ്ധന്മാർ പോലും അവർക്ക് ആ അസ്തിത്വത്തിൽ ചിന്തയ്ക്ക് പരമാവധി എത്താവെന്നുള്ളത് അസ്തിത്വമാണ് അസ്തിത്വത്തിനപ്പുറവും ഉണ്ട് അതടുത്ത് പറയും അവിടെ ചിന്തയെത്തത്തില്ല അത് മനസ്സിലാവണം അസ്തിത്വം എന്ന് പറയുമ്പോൾ പരമാവധി എന്ന് കരുതണ്ട ചിന്ത എത്തുന്ന അവസാനം അതിൽ വരുമ്പോളത് അസ്തിത്വത്തിൽ എത്തിച്ചേരും എന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ അസ്തിത്വമാണ് സർവാധാരമായിരിക്കുന്നത് എന്ന് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ എന്നാണ് ചോദിക്കുന്നത് കാരണം പ്രപഞ്ചത്തെക്കുറിച്ചുള്ള എന്ത് കാഴ്ചപ്പാടായാലും ശരി എന്ത് സിദ്ധാന്തമായാലും അവന്റെ ബുദ്ധിക്കനുസരിച്ചാണല്ലോ ചെയ്യുന്നത് ഇതിനൊരു കാരണമുണ്ടെന്ന് പറഞ്ഞാലും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തും ബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് മനോവ്യാപാരത്തെ ആശ്രയിച്ചിട്ടാണ് എല്ലാ ദർശനങ്ങളും സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളും എല്ലാം നിലനിർത്തുന്നത് വാ ബുദ്ധി ഒരുവനെ കൊണ്ടെത്തിക്കുന്നത് എല്ലാ ബുദ്ധികളും അസ്തിത്വ ബുദ്ധിയായാലും ആസ്തികനായാലും നാസ്തികനായാലും ചിന്തിച്ചാൽ അവസാനം ചെന്നെത്തുന്നത് ഈ അസ്തിത്വത്തിനാണ് എങ്കിൽ അതിനെ തന്നെ കാരണമായി സ്വീകരിക്കേണ്ടി ഇപ്പൊ ജഗത് കാരണം ഈ അസ്തിത്വമാണ് എന്നാണ് ചിന്തിച്ചാൽ എത്താൻ കഴിയുമെന്നുള്ള ഭാഗം അതൊന്നുകൂടി വിശദീകരിക്കുകയാണ് യഥാവിഷയപ്രവിലാപന പ്രവിലാപ്യമാനാ ബുദ്ധി തഥാപി സത്പ്രത്യ ഗർഭായവ വിധിയതെ വിഷയപ്രവിലാപന വിഷയങ്ങളെയെല്ലാം നേരി നേരി എന്ന് പറഞ്ഞ് തളികളയുന്നു മനസ്സുകൊണ്ട് ഇതല്ല സത്യം കാരണം വിഷയങ്ങളിലെല്ലാം സത്യത്വം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വിഷയങ്ങൾ സത്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന കൽപ്പനകളാണോ എന്ന് ചിന്തിച്ചിട്ടൊരാളെന്ത് ചെയ്യുന്നു വിഷയങ്ങൾ നിഷേധിക്കുന്നു ഇത് സത്യമല്ല ഇതിലൂടെ സത്യം അനുഭവപ്പെടുകയാണ് അല്ലെങ്കിൽ സത്യത്തെ ആശ്രയിച്ച് നിലനിൽക്കുന്ന മറ്റെന്തോ ഒന്നാണ് ഈ പ്രപഞ്ചം എന്ന് കരുതി വിഷയങ്ങളെ പ്രവിലാപനം ചെയ്തു പ്രവിലാപ്യമാനാ ബുദ്ധി അങ്ങനെ നിഷേധിച്ചു നിഷേധിച്ചു പോകുന്ന ആ ബുദ്ധി പിന്നിലേക്ക് പിന്നിലേക്ക് ചിന്തിച്ചു പോകുന്ന ബുദ്ധി സത്പ്രത്യ ഗർഭായ് വിനീയത ആ ബുദ്ധി അവസാനിക്കുന്നത് ുദ്ധിയും ഭൗതികമാണ് പ്രാപഞ്ചികമാണ് ആ ബുദ്ധിയും നശിക്കണം പക്ഷെ ആ ബുദ്ധി എവിടെ നശിക്കും ബുദ്ധിക്ക് പരമാവധി ചെന്ന് നിൽക്കാവുന്നത് സത്പ്രത്യ ഗർഭ സത്ത് എന്ന് പറയുന്ന ഒരു ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ടേ അതിന് നശിക്കാൻ പറ്റും അതിന്റെ നാശം ശൂന്യതയിലായിരിക്കില്ല അതിന്റെ നാശയും നാശം എന്ന് പറയുന്നത് സത്ത് എന്ന് പറയുന്ന ഒരു അനുഭവമായിട്ടായിരിക്കും അതായത് ബുദ്ധിയുടെ നാശം അനുഭവഗർഭമായിരിക്കും എന്ന് വെച്ചാൽ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും ബുദ്ധി നശിക്കുന്നത് ബുദ്ധിയുടെ നാശത്തിലും അനുഭവം നിലനിൽക്കുന്നു എന്നാണ് പറയുന്നതിന്റെ ചുരുക്കം കലം ഉടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കലം നിലനിൽക്കുന്നില്ല പഞ്ചഭൂതങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും നിലനിൽക്കുന്നില്ല പക്ഷേ ബുദ്ധി അങ്ങനെയുണ്ട് ബുദ്ധി നശിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്മ നിലനിൽക്കുന്നു ഉണ്മയെ നശിപ്പിച്ച് ബുദ്ധിക്ക് നശിക്കാൻ ഒപ്പത്തില്ല എന്തുകൊണ്ട് ആ ഉണ്മയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് സർവശൂന്യം മഹാശൂന്യം എന്നെല്ലാം ഭാവന ചെയ്തു കഴിഞ്ഞാലും അവിടെയും ആ ശൂന്യതയുടെ അസ്തിത്വത്തെ അംഗീകരിക്കേണ്ടി വരുന്നത് ശൂന്യവാദിക്ക് സർവവും നശിക്കുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ സർവവും നശിക്കുന്ന ആ നാശം അത് നിലനിൽക്കുന്നുവെങ്കിൽ അസ്തിത്വം അവിടെ ഉണ്ടോ എന്ന് അങ്ങനെ വളരെ സൂക്ഷ്മമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് സത്പ്രത്യ ഗർഭായവ വില സർവവിലയവും സർവനാശവും നാശത്തിന്റേതായ അസ്തിത്വത്തിൽ നിലനിൽക്കും എന്നാലേ നശിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും അവിടെയും അസ്തിത്വം നിലനിൽക്കുന്നു അപ്പൊ ബുദ്ധിയുടെ നാശം അസ്തിത്വത്തിലാണ് എന്ന് ആ നാശത്തെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ ആ നാശത്തെ നമുക്ക് ഊഹിക്കാനുമെങ്കിൽ അവിടെ അസ്തിത്വം വേണം ബോധം ഉണ്ടാകാതെ പോവും അപ്പൊ ഇവിടെ ബുദ്ധി പ്രവർത്തിക്കുന്നോ ഏത് വലിയ ശൂന്യതയിലായാലും ശരി അവിടെ അസ്തിത്വത്തെ ആശ്രയിച്ചാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ജഗതാധാരമായി സർവാധാരമായി നിലനിൽക്കുന്നത് അസ്തിത്വത്തിലാണ് ഇതെല്ലാം ബുദ്ധിയുടെ കടയാണ് അതാണ് അടുത്ത് പറയുന്നത് ബുദ്ധർഹി നഹപ്രമാണം ഈശ്വരൻ ഉണ്ടെന്ന് പറയണമെങ്കിലും ഈശ്വരൻ ഇല്ലെന്ന് പറയണമെങ്കിലും സർവവും ശൂന്യമാണെന്ന് പറയണമെങ്കിലും സർവവും സത്താണെന്ന് പറയണമെങ്കിലും ബുദ്ധി വേണം ബുദ്ധി എന്ന് പറയുന്ന ചെറിയ ഒരു ഉപകരണം അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ എല്ലാ അഭ്യാസങ്ങളും നടക്കുന്നതാണ് ബുദ്ധിർഹി നഹപ്രമാണം സത് അസതോർ യാഥാത്മ്യ അവഗമി എന്താണ് സത്ത് എന്താണ് അസത്ത് ഇതിൻ്റെയെല്ലാം യാഥാർത്ഥ്യ അറിയുന്നതിന് നമുക്ക് ഇരിക്കുന്ന പ്രമാണം ഉപകരണമെന്ന് പറയുന്ന ഈ ബുദ്ധി എന്ന് പറയുന്ന ഈ ചെറിയ വസ്തുവാണ് നമ്മൾ എന്ത് സിദ്ധാന്തങ്ങളെ ആവിഷ്കരിച്ചാലും എന്തൊക്കെ അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഇതെല്ലാം ഈ ബുദ്ധി ആശ്രയിച്ചിട്ടാണ് ലഘുവായിരിക്കുന്ന ഈ ഉപകരണത്തെ ആശ്രയിച്ചിട്ടാണ് മുക്തിയെക്കുറിച്ച് പറയുന്നത് ബന്ധനത്തെക്കുറിച്ച് പറയുന്നത് ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നത് ഇല്ലെന്ന് പറയുന്നത് എല്ലാം ഈ ബുദ്ധി ആശ്രയിച്ചിട്ടാണ് ബുദ്ധിയുടെ കളികളാണ് അത് അവസാനിച്ചാൽ ആ ഉണ്മയിൽ അവസാനിക്കുന്നു അതുകൊണ്ട് ഈ ഉണ്മയാണ് ജഗത്തിന് ആധാരമായി സർവത്തിനും പ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്നത് എന്നാണ് ഇവിടെ ഭാഷകാരൻ പറയുന്നത് തുടർന്നു വരുന്നത് അടുത്ത ക്ലാസ്സിനുള്ള വിചാരിച്ചു Hani, shani, shani. O naa, o naza, ം ശനി ശാനി ശാനി ഓം ലഹ്ലേ ഓം ശാനി ശാനി ശാനി ശ